ച ഈശോവാസവംശത്തിൽ പതിനൊന്നാമത്തെ तद, सह, येद अृत्युम तुर्वा विद्य अमृत अश्रुते ഈ മൂന്ന് മന്ത്രങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഒമ്പതാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു ആരാണോ അവിദ്യയിൽ അതായത് കർമ്മത്തിൽ തന്നെ കർമ്മമാണ് പരമപുരുഷാർത്ഥത്തിന് സാധനം എന്ന് കരുതി അതനുഷ്ഠിക്കുന്നവർ അവർ അന്ധകാരത്തിലേക്ക് പോകുന്നു എന്ന് അതുപോലെ തന്നെ ആരാണോ വിദ്യയിൽ ഉപാസനയിൽ ദേവത തന്നെ അതാണ് പരമപുരുഷാർത്ഥ സാധനം എന്ന് കരുതി അതിൽ തന്നെ ണോ മുഴുകുന്നത് അവരതിനും വലിയ തമസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഇവിടെ ഭാഷകാരം പറഞ്ഞിരിക്കുന്നത് ഇത് ഇത് രണ്ടും വെവ്വേറെ അനുഷ്ഠിക്കുന്നതിന് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് കേവല കർമ്മമോ കേവല ഉപാസനയോ പ്രത്യേകം ചെയ്യാൻ പാടില്ല എന്തുകൊണ്ട് ഇത് സമുച്ചയിച്ചു ചെയ്യേണ്ടതാണ് സമുച്ചയിക്കേണ്ടതാണ് ഒരേ സമയം ഒരേ വ്യക്തി ചെയ്യേണ്ടതാണ് അതിനടുത്തു പറയുന്നത് എന്തുകൊണ്ട് ഇതിന് രണ്ടിനും പ്രത്യേക ഫലം പറഞ്ഞിട്ടുണ്ട് അതാണ് പത്താമത്തെ മന്ദിരത്തിൽ പറഞ്ഞത് വിദ്യയുടെ ഫലം വേറെയാണ് അവിദ്യയുടെ ഫലം വേറെയാണ് വിദ്യ ഫലം വേറെയാണ് കർമ്മ അതിന്റെ കർമ്മത്തിന്റെ ഫലം പിതൃലോകമാണ് വിദ്യയുടെ ഫലം ദേവലോകമാണ് എന്ന് പറയുമ്പോൾ കർമ്മത്തിലൂടെ സ്വർഗം തുടങ്ങിയ ഭോഗ ഭൂമികകളിലേക്ക് പോകുന്നു ഉപാസനയിലൂടെ ദേവതാ സ്വരൂപത്തെ പ്രാപിക്കുന്നു രണ്ടിന്റെയും പ്രത്യേകമായിട്ടുള്ള ഫലം ഇങ്ങനെ പ്രത്യേകമായ ഫലം ഉള്ളതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഒരുമിച്ചനഷം ാണ് സമുച്ചയിക്കണമെന്ന് പറയുന്നതാണ് ഒരു കാലം ഒരു വ്യക്തി അനുഷ്ഠിക്കണം അതാണ് അടുത്ത് പറയുന്നത് ഒരുമിച്ച് അനുഷ്ഠിക്കണമെന്ന് പറയുന്നതിന് കാരണം ഫലം വേറെ ആയിരുന്നു രണ്ടും വേറെ വേറെ ഫലങ്ങളാണ് അപ്പൊ ഒരുമിച്ച് അനുഷ്ഠിക്കുമ്പോ എന്താണ് അതിന്റെ ഫല വ്യത്യാസം വരുന്നത് അടുത്ത് പറയുന്നു आतो चा, चा, देवदा कर्म यहा तद एद सह तस्य यद्याद्यादुभे असच्छेकारिण ഏക പുരുഷാർത്ഥ സംബന്ധ ക്രമേണ സ്യാധിപ്പിച്ചത് യഥൈവം ഇപ്രകാരമായതിനാൽ അതായത് വിദ്യക്കും അവിദ്യക്കും പ്രത്യേക ഫലമുള്ളത് കൊണ്ടും ഇത് വെവ്വേറെ കേവലമായി കർമ്മമോ അല്ലെങ്കിൽ ഉപാസനയോ അവനെ മോക്ഷത്തിലേക്ക് നയിക്കത്തില്ല അതുകൊണ്ട് അധ അക്കാരണത്താൽ വിദ്യ അതിനെ തന്നെ വിശദീകരിക്കാണ് വിദ്യ എന്ന് പറഞ്ഞാൽ ഉപാസന ദേവതാ ഉപാസനയും കർമ്മവും ഇത് രണ്ടും ആണോ തത് ഏതത് ഈ പറഞ്ഞതായ ഇത് രണ്ടും ഉഭയം രണ്ടും ഉഭയം രണ്ടും സഹ ഏകേന പുരുഷേന അനുഷ്ഠേയം വേദ സഹ ഒരുമിച്ച് ഏകേന പുരുഷേനും ഒരു പുരുഷനാൽ തന്നെ അനുഷ്ഠേയം അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് എന്ന് വേദ അറിയുന്നത് യഹ ആരാണോ അറിയുന്നത് ഏതൊരുവനാണോ അറിയുന്നത് ഈ കർമ്മവും ഉപാസനയും ഒരുമിച്ചാണ് അനുഷ്ഠിക്കേണ്ടത് എന്നറിയുന്നത് സസ്യ അങ്ങനെയുള്ളവൻ എന്നു പറഞ്ഞാൽ ഏവം സമുച്ചയ കാരണ അങ്ങനെ സമുച്ചയമായി ചെയ്യുന്നവന് ഒരുമിച്ച് അനുഷ്ഠിക്കുന്നവന് അതിലൂടെ പറഞ്ഞിരിക്കുന്നത് ഉഭയം സഹ എന്ന് പറഞ്ഞു രണ്ടും ഒരുമിച്ച് അനുഷ്ഠിക്കണം വേദ അനുഷ്ഠിക്കണമെന്നറിയുന്നത് അപ്പോൾ രണ്ടും ഒരുമിച്ച് ഒരേ കാലത്ത് അനുഷ്ഠിക്കുക എന്നൊണ്ടാണ് അങ്ങനെയുള്ളവന് ഏവ അവന് മാത്രമേ എങ്ങനെയാണ് ക്രമമായി ഉണ്ടാകുന്നതെന്ന് അടുത്ത് പറയും ഇച്ഛതാണ് പറയാൻ പോകുന്നത് അവനൊരു പുരുഷാർത്ഥം നേടാൻ കഴിയുന്നു ഇത് രണ്ടും ഒരുമിച്ച് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ എന്താണത്ഥം പറയുന്നു അഗ്നിഹോത്രാദിനും ഉഭയം തീർത്തുക അതിക്രമ്യ വിദ്യയാ അമൃതം ദേവതാത്മഭാവം അർശനത്തെ പ്രാപ്ത രണ്ടു ഒരുമിച്ച് അനുഷ്ഠിക്കുന്നവന് കർമ്മമായി പുരുഷാർത്ഥ ലാഭം ഉണ്ടാകുന്നു എന്താണത് പറയുന്ന വിദ്യയർത്ഥം പറയുന്നു കർമ്മ കർമ്മം കൊണ്ട് എന്താണ് ഇവിടെ കർമ്മം എന്ന് പറയുന്നത് പറയുന്നു അഗ്നിഹോത്രാധന അഗ്നിഹോത്രാദി വൈദിക കർമ്മം അതിനുള്ള കർമ്മം എന്ന് പറയും ആ കർമ്മങ്ങളെ കൊണ്ട് മൃത്യം മൃത്യും തീർത്തുവെന്നാണ് മന്ത്രത്തിൽ മൃത്യുവിനെ അതിക്രമിച്ചിട്ട് മൃത്യു എന്ന് പറയുന്നത് എന്താണ് സ്വാഭാവികം കർമ്മഞ്ച സ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങളെയാണ് ഇവിടെ മൃത്യു എന്ന് പറയുന്നത് മൃത്യു എന്ന് പറഞ്ഞാൽ സാധാരണ മരണം എന്നാണ് പക്ഷെ ഇവിടെ പറയുന്നത് മൃത്യു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ കർമ്മമാണ് മറ്റും ഈ സ്വാഭാവിക കർമ്മത്തെ മൃത്യു എന്നുള്ള ശബ്ദം കൊണ്ട് അതുകൊണ്ടാണ് മൃത്യു എന്ന് പറയുന്നതിന് സ്വാഭാവിക കർമ്മം സ്വാഭാവിക കർമ്മം കർമ്മം രണ്ടു തരത്തിലുണ്ട് ഒന്ന് സ്വാഭാവികം മറ്റൊന്ന് ശാസ്ത്രീയം ശാസ്ത്രീയ കർമ്മങ്ങൾ എന്ന് പറയുന്നത് വേദം പറയുന്ന കർമ്മമാണ് അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങളാണ് ശാസ്ത്രീയ കർമ്മം ശാസ്ത്രം നിർദ്ദേശിക്കുന്ന കർമ്മങ്ങൾ സ്വാഭാവിക കർമ്മം എന്ന് പറയുന്നത് മനുഷ്യൻ അതിന്റെ പൂർവ്വസംസ്കാരം കൊണ്ട് സഹജമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളല്ല സ്വാഭാവിക കർമ്മം അല്ലെങ്കിൽ വേദം അല്ലെങ്കിൽ വേദത്തിന്റെ താല്പര്യത്തെ ഉൾക്കൊള്ളുന്ന സ്മൃതികൾ ഇവയൊന്നും നിർദ്ദേശിക്കാതെ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഹാര നിദ്ര മൈത്തിനാദികളെല്ലാം സ്വാഭാവിക കർമ്മത്തിൽപ്പെടുന്നു നമ്മുടെ സാധാരണ പ്രവൃത്തികളെല്ലാം സ്വാഭാവിക കർമ്മങ്ങളാണ് വേദം പറയുന്നതുകൊണ്ട് ചെയ്യുന്നതല്ല പൂർവ്വ സംസ്കാരം കൊണ്ട് ചെയ്യും ഇവിടെ ഭാഷ പറയുന്നത് വൈദിക കർമ്മങ്ങൾ എന്തിനു വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നു സ്വാഭാവിക കർമ്മങ്ങളെ അതിക്രമിക്കാൻ അതായത് സ്വാഭാവികമായ കർമ്മങ്ങൾ വൈദിക കർമ്മത്തിന്റെ സംസ്കാരം കൊണ്ട് ആ സ്വാഭാവികമായിട്ടുള്ള സ്വാഭാവിക കർമ്മം എന്ന് പറയുമ്പോൾ കർമ്മങ്ങളായിരിക്കും സഹജമായി തോന്നുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു അസംസ്കൃതമായ പ്രവൃത്തികളായിരിക്കും അതിന് അവിടെ ധർമ്മ അധർമ്മ വിവേചനം ഉണ്ടാകണമെന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അത് പ്രാകൃതമായിരിക്കും പുണ്യപാപ വിചാരം അതിൽ വരണമെന്നില്ല എന്ത് മനസ്സിൽ തോന്നുന്നു സഹജമായി എന്ത് അനുകൂലമാണെന്ന് തോന്നുന്നുവോ അതനുസരിച്ച് പ്രവർത്തിക്കും അതാണ് സ്വാഭാവികമായ കർമ്മങ്ങൾ കർമ്മത്തിനൊരു വ്യവസ്ഥയില്ല അതിലൊരു പുണ്യപാപ വിചാരം വരത്തില്ല വൈദികമായ കർമ്മങ്ങൾ എങ്ങനെയല്ല അതിൽ വിധി നിഷേധങ്ങളുണ്ട് വിധി പുണ്യത്തെ കൊടുക്കുന്നു നിഷേധം പാപത്തെ നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്താൽ പാപമുണ്ടാവും പാപത്തെ സഞ്ചരിക്കും വിതമായ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്ത പുണ്യത്തെ ഉണ്ടാക്കും അപ്പം അവിടെ പുണ്യപാപ വിചാരത്തോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ സഹജമായ കർമ്മങ്ങളെ ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ സഹജമായ കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന സംസ്കാരങ്ങളെ ഇത് നിരോധിക്കുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു വേദത്തിൽ ഈ കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് വൈദികമായ കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത് അത് പൂർവമീമാംസേനും ഇത് ചർച്ച ചെയ്യുന്ന വിഷയമാണ് എന്തിന് ജ്യോതിഷവും അഗ്രഹത്വം പോലെയുള്ള വലിയ കർമ്മങ്ങളെല്ലാം വിധിച്ചിരിക്കുന്നു പറയുന്നത് മനുഷ്യനിൽ സഹജമായിരിക്കുന്ന സംസ്കാരങ്ങൾ വാസനകൾ അതിനെ തടയുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന രണ്ട് സംഭവിക്കാൻ ചിലപ്പോൾ അതിനെ നിരോധിക്കും അതിന് തടഞ്ഞുവെക്കും ചില സമയത്ത് അതിനെ ഇല്ലാതാക്കും ആ സംസ്കാരം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അങ്ങനെ വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തികൾ ഈ സ്വാഭാവിക കർമ്മങ്ങൾ ക്രമേണ ഇല്ലാതാകുകയും ആ വൈദിക കർമ്മം ആയിരിക്കും അയാളുടെ ജീവിതം മുഴുവൻ അയാളുടെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് വൈദിക കർമ്മങ്ങളിൽ മുഴുകിയിരിക്കും അങ്ങനെ ഉണ്ടാകുന്ന പ്രയോജനം ഇതാണ് സ്വാഭാവികമായ കർമ്മങ്ങളിൽ നിന്നയാൾ അയാളിൽ നിന്നില്ലാതാകണം ഇപ്പൊ സഹജമായി വരുന്ന കർമ്മങ്ങൾ പോലും പിന്നീട് ആ വൈദിക സംസ്കാരമനുസരിച്ചാണ് മാറ്റുന്നത് കർമ്മങ്ങളെ പ്രണമിപ്പിക്കുക സഹജമായ കർമ്മങ്ങളുടെ സ്വഭാവങ്ങളെല്ലാം മാറി വേദത്തിൽ നിർദ്ദേശിക്കുന്ന നിയമങ്ങളനുസരിച്ച് ആ കർമ്മങ്ങൾ ചെയ്യുന്നു ഇപ്പോ ആശ്രമർമങ്ങൾ തന്നെ നോക്കിയാൽ ബ്രഹ്മചര്യം ഗർഭസ്ഥ്യം സന്യാസം പോലെയുള്ളത് മനുഷ്യരിൽ സ്വാഭാവികമായി വന്നുചേരുന്നതാണ് പക്ഷെ അത് പ്രാകൃതമായി വേദമന്ത് ചെയ്യുന്നു അതിനെ ശാസ്ത്രീയമാകുന്നു അപ്പോൾ വേദസമ്മതമായ രീതിയിൽ അതിനെ അനുഷ്ഠിപ്പിക്കുന്നു ഒരാൾ കുടുംബസ്ഥനായി ജീവിക്കുന്നു അപ്പോൾ അതിന് നിയമങ്ങൾ പറയുന്നു അപ്പോൾ അത് വൈദികമായി വൈദിക ഗൃഹസ്ഥാശ്രമായി അല്ലെങ്കിൽ സാധാരണ മറ്റ് ജീവികളെപ്പോലെ ആയാലും ജീവിക്കുന്നു എന്നുള്ളതേയുള്ളൂ അപ്പോ വൈദികധർമ്മത്തെ ആചരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങൾ ഇല്ലാതായി അതിന്റെ സ്ഥാനത്ത് വൈദികമായ ഇത് വരുന്നു അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ വൈദിക കർമ്മങ്ങളെ വിധിച്ചിരിക്കുന്നത് സ്വാഭാവിക കർമ്മത്തെ ഇല്ലാതാക്കുക ആ വൈദിക കർമ്മങ്ങളെയാണ് തിരിക്കാൻ പറയുന്നത് സ്വാഭാവിക കർമ്മത്തെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വാഭാവിക കർമ്മത്തിനോട് പ്രസക്തിയില്ല എന്താണോ വിധിച്ചിരിക്കുന്നത് അതിനെയാണ് പിന്നീട് തിരിക്കാനും ആവശ്യപ്പെടുന്നത് വിധിച്ചിരിക്കുന്നത് സ്വാഭാവികമല്ല അത് സഹജമായി വന്നുചേരുന്നതാണ് സഹജമായി വന്നുചേരുന്നതാണ് സ്വാഭാവിക കർമ്മം അനു പിന്നെ പ്രത്യേകിച്ച് നിഷേധിക്കേണ്ട വേദം നിഷേധിക്കേണ്ട ആവശ്യമില്ല അതിനെ പരിവർത്തനപ്പെടുത്തുന്നു വൈദിക ധർമ്മമനുസരിച്ച് വൈദികധർമ്മം വന്നു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിഷേധിക്കുന്നു അതാണ് ത്യാഗം എന്ന് പറയുന്നത് ഇവിടെ ആ നിഷേധത്തിന്റെ ഭാഗത്ത് പോയില്ല ഇവിടെ പറയുന്നത് ആ വൈദികധർമ്മങ്ങളെ അനുഷ്ഠിക്കുക അതാണ് അത് സ്വാഭാവിക കർമ്മത്തെ ഇല്ലാതാക്കുന്നത് അതാണ് സ്വാഭാവിക കർമ്മം അതുപോലെ തന്നെ സ്വാഭാവികമായി വരുന്ന ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപാസനം ഇവിടെ സ്വാഭാവികം മൃത്യു എന്ന് പറയുന്നതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികം കർമ്മ ജ്ഞാനം സ്വാഭാവികമായിട്ടുള്ള കർമ്മവും ജ്ഞാനവും ഉപാസനയും ജ്ഞാനം എന്ന് പറഞ്ഞ ഉപാസനയാണ് സാറിന് പറയുന്നത് ഇപ്പം മനുഷ്യരിൽ സ്വാഭാവികമായി തന്നെ ഉപാസനകൾ വരുന്നു പ്രാകൃതമായ ഉപാസനകൾ അത് വേദമൊന്നും പഠിക്കാത്തവരിലും കാണും പ്രാകൃതരായ മനുഷ്യരിലുമുള്ള ഉപാസന രീതികളൊക്കെ ഉണ്ട് അപ്പൊ അതിനെ സംസ്കരിക്കാനാണ് വേദം പറയുന്നത് വേദം നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഉപാസനകൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ പ്രാകൃതമായ ഉപാസനകൾ അവിടെ ഇല്ലാതാകുന്നത് ശാസ്ത്രീയമായ ഉപാസന സ്വാഭാവികമായ ഉപാസന ഇല്ലാതാകും അപ്പൊ ഇത് രണ്ടും പോകണം സ്വാഭാവികമായ കർമ്മങ്ങളും സ്വാഭാവികമായിട്ടുള്ള ഉപാസനങ്ങളും പോയി ഇല്ലാതാകാം അതിന് വേണ്ടിയിട്ടാണ് വൈദികമായ ധർമ്മ അനുഷ്ഠിക്കാൻ പറയുന്നത് അങ്ങനെയുള്ള ആ ധർമ്മങ്ങൾ വൈദിക കർമ്മത്തെ നിഷ്കാമമായി അനുഷ്ഠിക്കുമ്പോ ചിത്തശുദ്ധിയും സകാമമായി അനുഷ്ഠിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പിതൃലോകം തുടങ്ങിയ ഫലങ്ങളും ഉണ്ടാവുന്നു അതാണ് എന്റെ വ്യത്യാസം അതാണ് സ്വാഭാവികം കർമ്മജ്ഞാനം ച മൃത്യു മൃത്യു ശബ്ദവാക് ഇതാണ് മൃത്യു എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥം സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ വിവേകം കൂടാതെ തന്റെ സഹജമായ വാസനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത് മരണം തന്നെയാണ് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സംസ്കാരവും ഉണ്ടാകുന്നില്ല വിവേകമുണ്ടെങ്കിലും വിവേകത്തിനനുസരിച്ച് ധർമാധർമ്മ വിവേക പ്രവർത്തിക്കാൻ പറ്റും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കാതെ ജീവിക്കുക സഹജമായ പ്രേരണകൾക്കനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുക അത് മരണം തന്നെയാണ് അല്ലെങ്കിൽ വിവേകം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ധർമ്മം ഉണ്ടാകുന്നില്ല പുണ്യം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് അങ്ങനെ മൃത്യു എന്ന് പറയുന്നു അതാണ് മൃത്യു ശബ്ദവാച്യം ഉഭയം അങ്ങനെ സ്വാഭാവികമായിട്ടുള്ള ഈ കർമ്മങ്ങളെയും വാസനകളെയും തീർത്വ അതിക്രമിച്ചിട്ട് അതിനെ അതിക്രമിക്കുക എന്ന് വെച്ചാൽ ആ സംസ്കാരത്തെ നശിപ്പിച്ച് വൈദികമായ സംസ്കാരത്തെ വിദ്യയ ദേവതാ പാസനയിലൂടെ ദൈവതോപാസനയിലൂടെ ഇത് രണ്ടും ഒരുമിച്ച് വേണം ഇത് ഒരുമിച്ച് അനുഷ്ഠിക്കണമെന്ന് പറയുന്നതിനും പ്രത്യേകത വേണം കാരണം ദേവത ഉപാസനയും ഈ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ചിത്തശുദ്ധി വരാത്തവനും ചെയ്യാൻ പറ്റത്തില്ല ഒരാൾ ദേവത ഉപാസന മാത്രം ചെയ്യണം കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ അപ്പം ചിത്രശുദ്ധിയില്ല എന്നൊന്നു കഴിഞ്ഞാൽ ആ ദേവത വാസന അനുഷ്ഠിക്കാൻ കഴിയാതെ വരും ശരിയായ രീതിയിൽ അനുഷ്ഠിക്കാൻ കഴിയാതെ വരും അതുകൊണ്ടാണ് കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നത് രണ്ടും ഒരേ സമയം വേണമെന്ന് പറയുന്നത് ഇപ്പം വൈദികമായ സംസ്കാരം അതിനെ ആർജിച്ച് പുണ്യം അതിന്റെ ഫലമായി കിട്ടുന്നത് പുണ്യമാണ് വൈദികധർമ്മങ്ങളിൽ അനുഷ്ഠിക്കാന്ന് പറയുമ്പോൾ പുണ്യപാപ വിചാരത്തോടുകൂടി ചെയ്യുന്നു ഇപ്പം പാപകർമ്മങ്ങൾ എവിടെ ഒഴിവാക്കുന്നു പുണ്യകർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്നു ിക്കുന്ന പുണ്യമാണ് അതും നിഷ്കാമ ഭാവനയോടുകൂടി അനുഷ്ഠിക്കുമ്പോൾ അത് ചിത്തശുദ്ധിക്കും കാരണമാകും അങ്ങനെ വരുന്ന ആ കർമാനുഷ്ഠാനവും ദേവതാജ്ഞാനാണ് ദേവദോപാസന ഇത് രണ്ടും അമൃതം പറയുന്നു ദേവദാത്മഭാവം ദേവതാത്മഭാവം അശ്വനദീപ്രാപ്നോദി ാപ്തി അതില് വേദത്തിൽ നിർദ്ദേശിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദേവതാ സ്വരൂപപ്രാപ്തി ഹിരണ്യഗർഭ്രാപ്തിയാണ് ഹിരണ്യഗർഭസ്ഥാനത്തെ പ്രാപിക്കുക ഒരു ജീവൻ തന്റെ ഉപാസനയിലൂടെ ആ ഹിരണ്യഗർഭസ്ഥാനം പ്രാപിക്കാവുന്ന അതാണ് സമുച്ഛയാനുഷ്ഠാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് നേരത്തെ ഒമ്പതാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു ദേവതാ ഉപാസനയുടെ ഫലം ദേവതാ പ്രാപ്തിയാണ് കർമ്മത്തിന്റെ ഫലം ഈ ലോകപ്രാപ്തിയാണെന്ന് പറഞ്ഞു ഇവിടെ രണ്ടും കൂടി ഒരുമിച്ചനുഷ്ഠിച്ചാലും പറയുന്നത് ഫലം ദേവതാത്മപ്രാപ്തിയാണെന്ന് പറഞ്ഞു രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കേവലമായ ഉപാസന കർമ്മം ചിത്തശുദ്ധിയില്ലാതെ കേവലമായ ഉപാസനയിൽ തന്നെ ഒരാൾ പോവുകയാണെങ്കിൽ അയാൾക്ക് ഫലം കിട്ടാൻ താമസിക്കും അതുമാത്രമല്ല അയാളുടെ ചിത്തശുദ്ധിക്കനുസരിച്ചുള്ള ഉപാസന ചെയ്യാൻ അയാൾക്ക് ശക്തി ഉണ്ടാക്കും ഇവിടെ പറയുന്ന മുഖ്യമായ ദേവതാ സ്വരൂപപ്രാപ്തി അയാൾക്ക് കിട്ടാൻ വളരെ ജന്മങ്ങൾ തന്നെ വേണ്ടി വരും ചിത്തശുദ്ധിയില്ലാതെ അനുഷ്ഠിക്കുന്നുണ്ട് വിദ്യയുടെ ഫലം ദേവത പ്രാപ്തിയാണെങ്കിലും അതും അതിനും വ്യത്യാസമുണ്ട് വിദ്യയുടെ ഫലം രണ്ടാണ് ഒന്ന് നമ്മൾ സാറിന് പുരാണങ്ങളും മറ്റും പറയുന്ന പോലെ സാലൗഖ്യം സാഹിത്യം ദേവലോകം എന്ന് പറയുന്നുണ്ട് ഈ ദേവലോകം എന്ന് പറയുന്നിടത്ത് കർമ്മം ചെയ്തവരുടെ ഫലം അനുഭവിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട് ഭോഗൂമികളാണ് അവിടെ പോയി അനു അനുഭവിക്കാൻ പോകുന്നത് ദേവതാ സാഹിത്യത്തെ പ്രാപിക്കുന്നവരുണ്ട് അപ്പൊ ആ ദേവതാ സാഹിത്യപ്രാപ്തിയാണ് ഇവിടെ ശ്രേഷ്ഠമെന്ന് പറയുന്നത് അങ്ങനെയുള്ള ദേവതാ സാഹിത്യപ്രാപ്തി അതാണ് സമുച്ചയത്തിന്റെ ഫലം അല്ലാതെ ദേവതാ ലോകത്തിലെ ഭോഗ അനുഭവങ്ങളല്ല ശ്രേഷ്ഠമായിട്ടുള്ള ഹിരണ്യഗർഭപഥാപ്തി പദങ്ങളെ പ്രാപിക്കുന്നവൻ സാക്ഷാതായിട്ടല്ലെങ്കിലും ക്രമമായി മുഖ്യം നേടുന്നു എന്നാണ് അതിനടുത്ത് പറയുന്നത് തദ് അമൃതമുച്ചത് ഇതിന് അമൃതം എന്ന് പറയുന്നു ഈ ദേവതാസ്വരൂപപ്രാപ്തി അത് മോക്ഷത്തെ കൊടുക്കുന്നതാണ് ഈ ദേവദാ ആത്മഗമനം ദേവദാത്മ ദേവതാസ്വരൂപഗമനം പ്രാപ്തി അങ്ങനെയുള്ള ജ്ഞാനകർമ്മ സമുച്ചയാനുഷ്ഠാനത്തിലൂടെ ദേവതാ സ്വരൂപത്ത് പ്രാപിക്കുന്നവർ പരശാന്തി കൃതാത്മാന പ്രവിശാന്തി പരം പദം എന്ന് പറയും ആ ഹിരണ്യ ഗർഭിന്റെ കാലാവധി തീരുമ്പോൾ അതായത് ഒരു കല്പാന്തത്തിൽ അവരെല്ലാം അവിടെ നിന്ന് മുക്തരായിത്തീരുന്നു ബ്രഹ്മലോകത്ത് നിന്ന് മുക്തരായിത്തീരുന്നു എന്നാണ് ഇവിടെ പറയുന്നതനുസരിച്ച് ഈ ഉപരിലോകങ്ങളാണ് പലതാൾ ദേവതാലോകങ്ങൾ അതിലേറ്റവും ഉപരിയായിട്ടുള്ളാണ് ബ്രഹ്മലോകം ആ ബ്രഹ്മലോകത്തിൽ ഈ പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയങ്ങളുടെയൊക്കെ അനുഷ്ഠാനം കൊണ്ട് ഏറ്റവും ഉപരി ഭാഗത്തെത്തുന്നവര് തിരിച്ചു വരുന്നില്ല എന്നാണ് ദേവതാ സാഹിത്യത്തെ പ്രാപിക്കുന്നവര് കൃതാത്മാന പുണ്യാത്മാക്കൾ പ്രവിശന്തി പരമപദം അവര് പരമപദത്തെ പ്രാപിക്കുന്നു എന്നാണ് പ്പോ പരസ്യഅന്തി ആ ഹിരണിഗർഭത്തിന്റെ ആ സ്ഥാനം അവസാനിക്കുമ്പോൾ അതായത് കല്പാന്തത്തിൽ പ്രളയത്തോടുകൂടി അവർ മോക്ഷത്തെ നേടി വന്നു അങ്ങനെയാണ് ക്രമമുക്തി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ അമൃതം എന്ന് പറഞ്ഞത് അമൃതസ്ഥാനമാണ് എന്ന് പറഞ്ഞത് അതിന് ഞാന കർമ്മ ഉപാസന സമുച്ചയിച്ച് അതിനും സമുച്ചയിച്ച് അനുഷ്ഠിക്കുന്നിടത്തും സകാമമായിട്ടും നിഷ്കാമമായും അനുഷ്ഠിക്കാം സകാമമായി അനുഷ്ഠിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫലം അവിടെ കിട്ടത്തില്ല അത് ഈ ഉപരിലോകങ്ങളിലെത്തേയുള്ളൂ വീണ്ടും തിരിച്ചു വരേണ്ടി നിഷ്കാമമായി അനുഷ്ഠിക്കുന്നവർക്കാണ് ഈ പറയുന്ന ചിത്രശുദ്ധിയും ദേവതാ സാഹിത്യപ്രാപ്തിയും മോക്ഷമുണ്ടാകുന്നത് ആ കുറിച്ചൊക്കെ പല ഭാഗങ്ങളായി ചർച്ചയും അവൻ ഇവിടെ നിന്ന് അതുകൊണ്ടിവിടെ പറയുന്നതിന്റെ താല്പര്യം ജ്ഞാനകർമ്മങ്ങൾ അതായത് ഉപാസനാ കർമ്മങ്ങൾ അത് സമുച്ചയിച്ച് അനുഷ്ഠിക്കുന്നു അധികാരികളെ മൂന്നായി തിരിക്കുന്നു ഉത്തമൻ മധ്യമൻ കനിഷ്ഠൻ പൊതുവെ ഒരു തരത്തിലുള്ള വിഭേചനത്തിൽ പറയുന്നത് കനിഷ്ഠാധികാരികൾക്ക് കർമ്മം കേവലമായ കർമ്മം കേവലമായ ഉപാസന കനിഷ്ഠാധികാരികൾക്ക് അതിൽ തന്നെ സ്വാഭാവികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും വരും വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരും വരും സ്വാഭാവിക ഉപാസനങ്ങൾ ചെയ്യുന്നവരും വരും വൈദിക ഉപാസനങ്ങൾ ചെയ്യുന്നവരും വരും അതിൽ ശ്രേഷ്ഠന്മാർ വൈദിക കർമ്മം അല്ലെങ്കിൽ വൈദിക ഉപാസനകൾ ചെയ്യുന്നവരാണ് ഇനി മധ്യമം എന്ന് പറയുന്നതാണ് ഇത് വരുന്നത് ജ്ഞാന കർമ്മ അതായത് ഉപാസന കർമ്മ സമുച്ചയം അത് മധ്യമൻ അധികാരികളാണ് കേവല കർമ്മ കേവല ഉപാസങ്ങൾ ചെയ്യുന്നവരേക്കാൾ ശ്രേഷ്ഠമാണ് ഇതിനെ സമുച്ചയിച്ചു ചെയ്യുന്നവർ ഉത്തമം എന്ന് പറയുമ്പോൾ കേവലമായ ജ്ഞാനമാർഗത്തെ സഞ്ചരിക്കുന്നവർ ഉത്തമം കേവലമായ ജ്ഞാനം അവിടെയാണ് സർവകർമ്മ സന്യാസപൂർവകമായിട്ടുള്ള ജ്ഞാനം വരുന്നത് ജ്ഞാനനിഷ്ഠ വരുന്നത് അത് ഉത്തമന്മാരിൽ മാത്രം അങ്ങനെയുള്ള ജ്ഞാനനിഷ്ഠയ്ക്ക് അധികാരികളായിട്ടുള്ളവർ അപൂർവമാണ് പൊതുവെ ജീവന്മാരെല്ലാം അധികാരികളായിരിക്കുന്ന ഒന്നുകിൽ കനിഷ്ഠാധികാരികൾ കേവല കർമ്മ ഉപാസനയ്ക്ക് അധികാരികൾ അല്ലെങ്കിൽ മധ്യമാധികാരികളാണ് കർമ്മ ഉപാസനയും അനുഷ്ഠിക്കുക ഒരുമിച്ച് അനുഷ്ഠിക്കുക അതാണ് അതായത് സാധാരണ നമ്മൾ ചെയ്യുന്ന ദൈവതോപാസനകളും ധ്യാന എല്ലാം ഉപാസനയിക്കപ്പെടുന്നതാണ് അതിന്റെയൊക്കെ മൂലരൂപം വേദത്തിൽ കിടക്കുന്നു വേദത്തിൽ ഈ പറയുന്ന ഉപാസനങ്ങൾ കർമ്മങ്ങൾ അതെല്ലാം പിന്നീട് പൌരാണിക കാലത്തിലേക്ക് വന്നു അതിന്റെ രൂപങ്ങൾക്കെല്ലാം മാറ്റം വന്നു മറ്റ് പലതരത്തിലുള്ള ദേവതാഭാവങ്ങൾ ഉപാസനങ്ങളൊക്കെ വന്നു അതിന്റെയൊക്കെ സൂക്ഷ്മരൂപമായി വേദത്തിൽ തന്നെയാണ് പുരാണ കാലത്തിലേക്ക് പ്രചരിച്ചിരിക്കുന്നത് അതുപോലെ കൂടുതലും പ്രചരിച്ചിരിക്കുന്ന ഈ പറയുന്ന ദേവത നിഷ്കാമ കർമാനുഷ്ഠാനങ്ങളുമാണ് അല്ലെങ്കിൽ സമ സകാമകർമാനുഷ്ഠാനങ്ങളുമാണ് ഇത് ഒരുമിച്ച് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് സാധാരണ മനുഷ്യർക്കെല്ലാം സ്വീകാര്യമായിട്ടുള്ള ഒരു മാർഗം നമ്മൾ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആധ്യാത്മിക സാധനങ്ങൾ എല്ലാം ഈ വൈദികമായ അദ്വൈതദർശനത്തിന്റെ കാഴ്ചപ്പാടി പരിശോധിക്കുമ്പോൾ ഇതെല്ലാം ഈ മധ്യമമാർഗത്തിൽ വരും മധ്യമാധികാരികൾക്കുള്ള മാർഗങ്ങളായിട്ട് വരും അതായത് നമ്മൾ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഉപാസന കർമ്മ സമുച്ചയമാണ് കേവലമായിട്ടുള്ള അതുകൊണ്ട് ഈ ജ്ഞാനകർമ്മ സമുച്ചയം ഉപാസനാ രണ്ടും നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാകും ജ്ഞാനകർമ്മ സമുച്ചയത്തെ ശങ്കരാചാര്യം നിഷേധിച്ചിരിക്കുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ആശ്രമത്തിൽ താമസിക്കുന്നില്ല ജ്ഞാനിയായി നടക്കുന്നു പോവുകയാണ് എന്നാലും ധരിച്ചു കളയരുത് ശങ്കരാചാര്യരുടെ സിദ്ധാന്തമനുസരിച്ച് ഞാന് അനുഷ്ഠേയമായി പറഞ്ഞിരിക്കുന്ന ഉപാസന കർമ്മ സമുച്ചയം അതിന്റെ മാർഗത്തിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മൾ ജ്ഞാന കർമ്മങ്ങളെ സമുച്ചയിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് സമുച്ചയിപ്പിക്കുന്നില്ല കയ്യിൽ ഞാനും ഇല്ല സംശയിപ്പിക്കാൻ അതുകൊണ്ട് ഇല്ലാത്തതിനെങ്ങനെ സംശയിപ്പിക്കും നമ്മുടെ കയ്യിൽ ജ്ഞാനം ഇല്ലാത്ത കൊണ്ടുതന്നെ നമ്മളതിനെ കർമ്മവുമായിട്ട് സംശയിപ്പിക്കുന്നില്ല പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്താണ് ഉപാസനയാണ് അതിനെ നമ്മൾ കർമ്മവുമായി സമുച്ചയിപ്പിക്കുന്നുള്ളൂ അപ്പം നമ്മൾ ആ വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ശങ്കരാചാര്യരുടെ ദർശനത്തിന്റെ വെളിച്ചെത്തി പരിശോധിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാകും അപ്പം അവിടെ വേറെ ചോദ്യം വരും ചിന്തിക്കുന്നവർക്കാണെങ്കിൽ അല്ലാത്തവർക്കും വരത്തില്ല അതായത് കർമ്മത്തിന് അധികാരി അജ്ഞനാണെന്ന് പറഞ്ഞു കർമ്മി എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥാശ്രമിയാണെന്ന് പറഞ്ഞു ആ കർ അജ്ഞനായ കർമാധികാരിക്കാണ് കർമാനുഷ്ഠാനം ആ കർമാനുഷ്ഠാനമുള്ളവനാണ് നിഷ്കാമ കർമ്മവും വരുന്നതെന്ന് പറഞ്ഞു അജ്ഞന് അപ്പൊ പിന്നെ സന്യാസിമാർക്ക് അല്ലെങ്കിൽ ബ്രഹ്മചാരിമാർക്കൊക്കെ എങ്ങനെ ഉപാസന കർമ്മ സമുച്ചയം എങ്ങനെ സംഭവിക്കും കാരണം അവരിൽ കർമ്മം വരുന്നില്ലല്ലോ നേരത്തെ വേർതിരിച്ച അതനുസരിച്ച് അവർ കർമ്മമേ വരുന്നില്ല തോന്നുന്നെങ്ങനെ അവരിൽ ഈ കർമ്മ സമുച്ചയം വരും അതിന് പറയുന്നത് ഇവിടെ പറയുന്ന സർവ്വകർമ്മ സന്യാസപൂർവമായ ജ്ഞാനനിഷ്ഠ അതിന് ജ്ഞാനമുള്ളവർക്കേ പറ്റും അങ്ങനെ ജ്ഞാനമില്ലാത്തവർക്ക് ആ ജ്ഞാനദൃഷ്ടിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഉള്ള സന്യാസമാണ് നമ്മൾ സാധാരണ പറയുന്നത് വിവിധ സന്യാസം ആ വിവിധഷാ സന്യാസത്തിൽ അവിടെ ഈ ഉപാസന കർമ്മസമുച്ചയമാകാം ഒരാൾക്ക് മൂക്ഷത്വമുണ്ട് പക്ഷെ അയാൾക്ക് പൂർണ്ണമായിട്ടുള്ള കർമ്മ ത്യാഗത്തിനുള്ള യോഗ്യത വന്നിട്ടുണ്ട് പൂർണമായ കർമ്മം ധരിക്കാൻ വെക്കുന്നില്ല അങ്ങനെ വരുമ്പോ അയാൾക്ക് വിധി നിഷേധങ്ങൾക്ക് അതീതമായിട്ടുള്ള സന്യാസമാർഗത്തിൽ വിദ്വസന്യാസത്തെ സഞ്ചരിക്കാൻ വെക്കത്തില്ല അപ്പൊ പിന്നെ അവിടെ അതിനു വേണ്ടിയിട്ടാണ് ഈ വീതിഷാസന്യാസം എന്ന് പറയുന്നതെന്ന് വെച്ചിരിക്കുന്നത് ആ വീതിഷാഹ സന്യാസത്തിന്റെ തുടക്കത്തിൽ അയാൾക്ക് കർമ്മങ്ങൾ അനുഷ്ഠിക്കാം വിധുഷാ സന്യാസം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ബ്രഹ്മചര്യം വരും ബ്രഹ്മചര്യ അനുഷ്ഠാനത്തോടുകൂടി അതിനു യോജിച്ച കർമ്മങ്ങൾ അനുഷ്ഠിക്കാം അവിടെ മറ്റുപാസനങ്ങൾ സ്വീകരിക്കാം അങ്ങനെ സ്വീകരിച്ചു പോകുന്ന ഒരു സന്യാസ രീതിയാണ് നമ്മളീ കാണുന്ന ആശ്രമ സന്യാസങ്ങളും ഈ ശങ്കരാചാര്യരുടെ കാഴ്ചപ്പാടില് നമ്മൾ നോക്കുമ്പോൾ എല്ലാം വരുന്നത് അതിനകത്താണ് അപ്പോൾ അവിടെ ജീവിക്കുന്നവർക്ക് നിയമങ്ങളുണ്ട് ചട്ടങ്ങളും നിയമങ്ങളൊക്കെ പാലിക്കണം വിധി നിഷേധങ്ങൾക്ക് അതീതമൊന്നുമല്ല അവിടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അപ്പോൾ അവിടെ പിന്നെ കാമനകളില്ലാത്തതുകൊണ്ട് നിഷ്കാമമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു അത് ഏത് കർമ്മമെന്നുള്ളത് അവരുടെ സാഹചര്യങ്ങളനുസരിച്ച് ഉപാസനകള് സ്വീകരിക്കുന്നു അപ്പൊ അത് സന്യാസത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു മാർഗം എന്നാണ് നമ്മൾ എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തി നമ്മൾ സന്യാസം എന്ന് പറയുന്ന അതീക്ഷ സ്വീകരിച്ചാലും അവിടെയും വീണ്ടും അയാളിൽ കർമ്മവും ഉപാസനയും വീണ്ടും നീക്കും അപ്പം സന്യാസധർമ്മത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാം അപ്പോൾ നമ്മളൊരു ചടങ്ങ് നടത്തി വിരജാ ഹോമം നടത്തി സന്യാസി സ്വീകരിച്ച് എന്ന് വീണ്ടും അയാൾ വേദശ സന്യാസത്തിന്റെ പാതി തന്നെ കർമ്മങ്ങളുണ്ട് നിഷ്കാമ കർമ്മങ്ങൾ അവിടെ പിന്നെ കാമനയില്ല സ്വാർത്ഥതയില്ല കാമനയില്ല അതുകൊണ്ട് നിഷ്കാമ കർമ്മങ്ങളുമുണ്ട് മറ്റുപാസനകളും എല്ലാം വരുന്നുണ്ട് അതിൽ തന്നെ പോകുന്ന മുന്നോട്ട് പോകുന്നതിനനുസരിച്ചാണ് അവിടെ ശ്രവണ മനന ഇതിഹാസനങ്ങളും ജ്ഞാനസമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളും അത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേദാന്ത ശ്രവണം എന്നൊക്കെ പറയുന്നത് ജ്ഞാനസമ്പാദനത്തിന് വേണ്ടിട്ടുള്ള യജ്ഞമാണ് ഞാനീ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല ജ്ഞാനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായങ്ങളാണ് ശ്രവണ മനനം എന്നെല്ലാം പറയുന്നു അപ്പോൾ അതെല്ലാം അവിടെ നടക്കും കർമ്മങ്ങളും അവിടെ നടക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ സന്യാസത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശങ്കരാചാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന പരമമായ സന്യാസം അതിലിതൊന്നുമില്ല പക്ഷെ ഇവിടെ പറയുന്ന ഈ സന്യാസം ഈ പറയുന്ന വിവിധ സന്യാസം എന്ന് പറയുന്നതിൽ ഇതൊക്കെ ഉണ്ട് അവിടെ കർമ്മവും ഉപാസനവും എല്ലാം ഉണ്ട് നിഷ്കാമ കർമ്മവും ഉപാസനയും മറ്റ് ശ്രവണ മനനങ്ങളും എല്ലാം അതിനകത്ത് വരാം അതിന്റെ സ്ഥാനം ഈ ദർശനമനുസരിച്ച് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എന്തുകൊണ്ട് കർമ്മത്തെ നമുക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല ശക്തി വരുന്നില്ല കർമ്മവാസന ഇരിക്കുന്നു എന്നാൽ മോക്ഷത്വമുണ്ട് അവനെ ഇത് രണ്ടു കൊണ്ടുപോയാലേ പറ്റി നിഷേധിക്കുന്ന ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണ ഇതല്ല സന്യാസവും ഒരുമിച്ച് അനുഷ്ഠിക്കുന്നതിനാണ് നിഷേധിക്കുന്നത് പറഞ്ഞു അത് ആ ജ്ഞാനകർമ്മ സമുച്ചയത്തെയാണ് ശങ്കരാചാര്യ നിഷേധിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടും മനസ്സിലാക്കണം ഗൃഹസ്ഥാശ്രമത്തിലുള്ള ആത്മീയ സാധനങ്ങളെയും നിഷേധിക്കുന്നില്ല സന്യാസാശ്രമത്തിലുള്ള കർമ്മത്തെയും നിഷേധിക്കുന്നില്ല സന്യാസാശ്രമത്തിൽ അതിന് യോജിച്ച കർമ്മങ്ങൾ കൊണ്ടാണ് അനസ്വീകാര്യമായിട്ടുള്ള കർമ്മങ്ങൾ അതിനെ നിഷേധിക്കുന്നില്ല അദ്വൈതത്തിൽ അതുപോലെ തന്നെ ഗ്രഹസ്ഥാശ്രമയുടെ ആത്മീയ സാധനങ്ങൾ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെയും നിഷേധിക്കുന്നില്ല പക്ഷേ ഈ രണ്ട് ധർമ്മങ്ങളെയും ഒരുമിപ്പിക്കുന്നത് ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെയാണ് സർവകർമ്മ സന്യാസം സർവകർമ്മ സന്യാസത്തിൽ തന്നെയാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്ന ഭാഗത്തെയാണ് നിഷേധിക്കുന്നത് അതിന് കർത്തൃത്വം അകർത്തൃത്വം എന്ന് പറയുന്ന രണ്ട് തലമാണ് ആ രണ്ട് തലങ്ങൾ ഒരുമിച്ചിരിക്കില്ല എന്നാണ് നിഷേധിക്കുന്നത് അതാണ് ജ്ഞാന കർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നത് അതേസമയം ഉപാസന കർമ്മസമുച്ചയത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു അതാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇല്ലെങ്കിൽ അതിന് ആശയക്കുഴപ്പം വരും ഗ്രഹസ്ഥന് ആത്മീയതയെ നിഷേധിക്കുന്നില്ല ഗ്രഹസ്ഥവും സന്യാസവും ഗർഹസ്ഥവും സന്യാസവും ഒന്നാണ് എന്ന് പറയുന്നതിനാണ് നിഷേധിക്കുന്നത് രണ്ടു രണ്ടു തന്നെയാണ് അതിനെയാണ് നിഷേധിക്കുന്നത് പിന്നെ മോക്ഷത്തിന് സർവകർമ്മ ത്യാഗപൂർവകമായിട്ടുള്ള ജ്ഞാനം അത് കൂടിയിരുന്നു എന്നാണ് ചങ്കരാചേരുടെ പക്ഷം എല്ലാ തരത്തിലുള്ള കർമ്മങ്ങളും നിഷ്കാമകർമ്മമായാലും ശരി നിഷ്കാമ ഉപാസനകളായാലും ശരി അവസാനിച്ച് ജ്ഞാനപ്രാപ്തി നേടി മോക്ഷത്തിലെത്തിച്ചേരുന്നു എന്നാണ് ശങ്കരാചാര്യ പറയുന്നത് ഇതെല്ലാം അവസാനിക്കുന്നു ഒരിടം വരും ഈ സാധനയിൽ നിൽക്കുന്നിടത്തോളം കാലം അത് തെളിവാണ് അയാൾ സാധ്യത്തിൽ എത്തിയിട്ടില്ല എന്നു പറയുന്നത് അപ്പൊ തന്നെ നിൽക്കുക എന്ന് പറയുമ്പോൾ മോക്ഷം സംഭവിക്കുന്നില്ല അപ്പോൾ ആ സാധനങ്ങളെല്ലാം അത് സ്വാഭാവികമായും അതില്ലാതായി പൂർണമായ സാധ്യാവസ്ഥയിൽ നിൽക്കണം ശുദ്ധാവസ്ഥയായിരുന്നു എനിക്ക് അതിനാണ് മോക്ഷം എന്ന് പറയുന്നത് അതാണ് സർവകർമ്മ സന്യാസം ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ജീവന്റെ അതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ആ ഗതിയിൽ ഇതിനെല്ലാം ഓരോ സ്ഥാനങ്ങളുണ്ട് സർവത്തിനും ആ എല്ലാ സ്ഥാനങ്ങളെയും അംഗീകരിക്കുന്നതാണ് ഈ അദ്വൈത ദർശനം അല്ലെങ്കിൽ ശങ്കരദർശനം എന്ന് പറയുന്നത് ഇവിടെ ബ്രഹ്മഗിരി ഉണ്ട് ഗാർഗസ്ത്യുണ്ട് അതിൽ തന്നെ പലതരത്തിൽ ന്യാസമുണ്ട് അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അപ്പൊ ഇവിടെ കർമ്മത്തിന് സ്ഥാനമുണ്ട് ഉപാസനയ്ക്ക് ഉണ്ട് സകാമകർമ്മത്തിന് സ്ഥാനം നിഷ്കാമകർമ്മത്തിന് സ്ഥാനം സകാമ ഉപാസനകൾക്ക് നിഷ്കാമ ഉപാസനകൾക്ക് എല്ലാ സ്ഥാനങ്ങളും ഉണ്ട് പല പല ചിലത് സമുച്ചയിക്കാം ചിലത് ക്രമമായി അനുഷ്ഠിക്കാം ഗർഭസ്ഥ സന്യാസവും ക്രമമായി അനുഷ്ഠിക്കുന്നു കർമ്മങ്ങളും ഉപാസനകളും സമുച്ചയിച്ച് അനുഷ്ഠിക്കുന്നു ഇതല്ല ഒരു ജീവനിൽ പല ജന്മങ്ങളിൽ പ്രസക്തിയുള്ള കാര്യങ്ങളാണ് ഒരു ജന്മത്തിൽ ചിലപ്പോൾ അത് എല്ലാം ഒരുമിച്ച് വന്നിരിക്കില്ല ഒരു ജന്മത്തിൽ സാധിക്കണമെന്നില്ല പല ജന്മങ്ങളായി ഇതെല്ലാം സംഭവിച്ചിരിക്കും ഒരാൾ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൽ ജീവിക്കുന്നു ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മങ്ങളിൽ ഗൃഹസ്ഥാശ്രമധർമ്മം അയാൾ അനുഷ്ഠിച്ചിരിക്കുന്നു അപ്പോൾ ഈ ജന്മത്തിൽ അതനുഷ്ഠിക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ല പൂർവ്വജന്മങ്ങൾ കഴിഞ്ഞാണ് ആ രീതിയിൽ ഒരു ജീവനിൽ ഒരു ജന്മത്തിലല്ല ഒരു ജീവനിൽ ഇങ്ങനെല്ലാത്തിനും സ്ഥാനം അംഗീകരിക്കുന്നു അദ്വൈത ദർശനത്തിൽ പിന്നെ ഇന്നത്തെ ഈ ജന്മത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മുഖ്യമായിട്ടും പ്രാക്തന സംസ്കാരം പൂർവ സംസ്കാരം ആ പൂർവ്വ സംസ്കാരം അനുസരിച്ച് ഒരാൾ ബ്രഹ്മചര്യത്തിലോ അല്ലെങ്കിൽ ഗാർഹസ്ഥ്യത്തിലോ സന്യാസത്തിലോ അല്ലെങ്കിൽ എല്ലാത്തിലും കൂടെയൊക്കെ കടന്നുപോകുന്നു അതിന് പ്രധാനമായി പറയുന്ന പൂർവ്വ സംസ്കാരമാണ് അതിനനുസരിച്ച് അയാളുടെ വിവേകമുണ്ടാകുന്നു അതനുസരിച്ച് അയാൾ ആ മാർഗത്തിലൂടെ ആ ജീവൻ സഞ്ചരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടിവിടെ ഈ പതിനൊന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നതിന്റെ താല്പര്യം സമുച്ഛയമായി അനുഷ്ഠിക്കുക എന്നാണ് മധ്യമാധികാരി സമുച്ചയാനുഷ്ഠാനത്തിലൂടെ എന്തിനു വേണ്ടി മോക്ഷത്തോളം മോക്ഷത്തെ ഉദ്ദേശിച്ച് സമുച്ചയമായി അനുഷ്ഠിക്കുക എന്നാണ് പറയുന്നത് ഉപാസനയും ഉപാസനകൾ വേദത്തിൽ പലതരത്തിലുണ്ട് വേറുപാസനയെ കുറിച്ച് പറയും വ്യാകൃത അവസനയോ സമുച്ചിതീഷയം നേരത്തെ ദേവതാ ഉപാസനയും കർമ്മത്തെയും സമുച്ചയിക്കാൻ പാന്നു ഇനി മറ്റു രണ്ട് ഉപാസനകളുടെ സമുച്ചയത്തെക്കുറിച്ച് പറയുന്നത് തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള ഉപാസനകളാണ് നമ്മൾ പറയുന്നത് അതിനാണ് ഇപ്പോൾ വ്യാകൃത അവപാസനയോ വ്യാകൃത ഉപാസന അവ്യാകൃത ഉപാസന സമുച്ചയ സമുച്ചയിക്കാനുള്ള താല്പര്യം കൊണ്ട് പ്രത്യേകം നിന്ദ പ്രത്യേക അനുഷ്ഠാനത്തെ നിഷേധിക്കുന്നു നിന്ദ ഉച്ച നിഷേധം പറയൂ ഇനി പറയാൻ പോകുന്നത് രണ്ടു തരത്തിലുള്ള ഉപാസനകളാണ് ഇവിടെ സംഭൂതി അല്ലെങ്കിൽ വിനാശം എന്നെല്ലാം പറയും അത് കഴിഞ്ഞ മന്ത്രത്തിനും നമ്മൾ പറഞ്ഞത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും മലയാളം വ്യാഖ്യാനങ്ങളെടുത്ത് വായിക്കുന്നവർ നമ്മുടെ സംഗ്രാചാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം വിദ്യ എന്ന് പറഞ്ഞാൽ ദേവത ഉപാസന അവിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മം കഴിഞ്ഞ മൂന്ന് മന്ത്രങ്ങളിൽ ഒമ്പത് പത്ത് പതിനൊന്ന് ഈ മൂന്ന് മന്ത്രങ്ങളിലും ഈ രണ്ട് ശബ്ദങ്ങളുടെയും അർത്ഥവിധമാണ് സാധാരണ വ്യാഖ്യാനങ്ങൾ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനം ആ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനം എന്നാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അത് ഒരാളുടെ സ്വതന്ത്രമായ വ്യാഖ്യാനമാണെങ്കിൽ നമുക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല പക്ഷെ വ്യാഖ്യാതാക്കളെല്ലാം പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യം അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിനെനിഷേധിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ശരിയായ രീതിയിൽ തന്നെ എന്നെ മനസ്സിലാക്കണം അങ്ങനെയാണ് പല വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് പല വ്യാഖ്യാനകൾ എഴുതുന്നത് ഞങ്ങളുടെ വ്യാഖ്യാനം ശങ്കരാചാര്യയുടെ വ്യാഖ്യാനം അനുസരിച്ചാണ് എന്നിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കും വിദ്യ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജ്ഞാനം ആ വിദ്യന്ന് പറഞ്ഞാൽ അജ്ഞാനം പക്ഷെ ശങ്കരാചാര്യ വ്യാഖ്യാനിച്ചിരിക്കുന്ന വിദ്യ എന്ന് പറഞ്ഞാൽ ദേവതോപാസന ആ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം അതിന് മാറിപ്പോ അതുപോലെ തന്നെ അടുത്ത് വരുന്ന രണ്ട് പദങ്ങളാണ് സംഭൂതി അസംഭൂതി അതിന് ആചാര്യസ്വാമിയുടെ വ്യാഖ്യാനം എന്താണ് മറ്റുള്ളവരെങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കണം പന്ത്രണ്ടാമത്തെ മന്ത്രം അന്ധം തമ പ്രവിശന് ഉപാസതി കഴിഞ്ഞ മന്ത്രത്തിന്റെ അർത്ഥം ഞാൻ ഒരിക്കലും പറയാം വിദ്യാം അവിദ്യാം ഉഭയം ഉപാസനയേയും രണ്ടിനെയും ഏതൊരുവനാണോ വേദ അനുഷ്ഠിക്കേണ്ടതാണെന്ന് അറിയുന്നത് സഹ അവൻ ഏതിനെയാണോ അതിനെ എന്ന് തർക്കം എന്നുള്ള ചേർത്ത് മനസ്സിലായോ ഏതിനാണോ അതിനെ അനുഷ്ഠിക്കേണ്ടതാണെന്ന് അറിയുന്നത് അവൻ കർമാനുഷ്ഠാനത്തിലൂടെ മൃത്യും സ്വാഭാവികമായ സഹജമായ കർമ്മങ്ങളെ തീർത്തു അതിക്രമിച്ചിട്ട് വിദ്യയ ാസനയിലൂടെ അമൃതം ദേവതാസ്വരൂപപ്രാപ്തിയെ അച്ഛനത്തെ അനുഭവിക്കുന്നു ഭാഷ അനുസരിച്ചുള്ള ഇനി അടുത്ത മന്ത്രം നോക്കുക പന്ത്രണ്ടാമത്തെ മന്ത്രം അന്ധം തമഹ പ്രവിശന്തി ये असंभूतिम उपासते तूय इव तम यभुत्या రేతః పుణయమైకం అంధం तमః పరివిశந்தி ఏ సంభూదిం ఉపాసతే తతో భూయ ఇవతే తమో యవ సంభూత్యాం రతాః అంధం तमః పరివిశந்தி ये असम्भोदिम संभवनं संबोधिहि स यस्य कायेति स संबोधिहि तस्य अन्य असम्भोदिहि प्रगति कारणं अविद्या अव्यावराख्यं ताम असम्भोदिम अव्याकृताख्यं प्रगतिम कारणं अविद्या काम कर्म बीज भूदाम अधर्शनात्मिकाम उपासते ए ते तद निरूपमेव अंधम तमह अंधर्शनात्मकम प्रविशंदी अनवैक्षानिकेन अंधम तमह प्रविशंदी ഏ അസംഭൂതിയും ഉപാസതേ അതിൽ അസംഭൂതി എന്ന് പറയുന്ന പദത്തെ വ്യാഖ്യാനിക്കുന്ന അസംഭൂതി സംഭവനം സംഭൂതി സംഭവനം ഭവിക്കുക ഉണ്ടാകുക ജനിക്കുക എന്നർത്ഥം അതാണ് സംഭവനം എന്ന് വെച്ചാൽ ജനിക്കുന്നർഥം അതാണ് സംഭൂതി എന്ന് പറയുന്നത് അപ്പൊ ജനനം ഉത്പത്തി എന്നു സ യസ്യ ധർമ്മ എന്നാണ് ആ ഉത്പത്തി ജനനം എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിന്റെ ധർമ്മമായിരിക്കുന്നു എന്നുവെച്ചാൽ ഉത്പത്തിയോട് കൂടിയിരിക്കുന്ന ഏതെന്നാണോ സസംഭൂതി അങ്ങനെയാണ് സംഭൂതി എന്ന് പറയുന്നത് ആ സംഭൂതി എന്താണെന്ന് ഇനി പറയും സംഭൂതി എന്ന് പറയുന്നത് ഹിരണ്യഗർഭൻ അല്ലെങ്കിൽ കാര്യഭ്രഹ്മൻ എന്നാണ് ഇവിടെ കാരണം അതിന് ഉത്പത്തിയുണ്ട് ഉത്പത്തി എന്ന ധർമ്മത്തോടുകൂടിയിരിക്കുന്നതെന്ന് പറയുന്നത് എന്തുകൊണ്ട് ബ്രഹ്മത്തിന് ഉത്പത്തിയില്ല പക്ഷെ കാര്യബ്രഹ്മത്തിന് ഉത്പത്തിയുണ്ട് സ്വാഭാവികമായി അത് ജനിക്കുന്നു പറയും എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് സംഭവിച്ചത് കാര്യബ്രഹ്മാണ് ഹിരണ്യഗർഭന എന്നാണ് ഭാഷകാരം പറയുന്നത് തസ്യ അന്യ അതിൽ നിന്നും അന്യമായിട്ടുള്ളത് അസംഭൂതി എന്നുവച്ചാ ജനിക്കാത്തത് അനാദിയായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ അനാദിയായിരിക്കുന്ന പ്രധാനമായിട്ട് രണ്ട് കാര്യമാണ് ഒന്ന് പുരുഷൻ മറ്റൊന്ന് പ്രകൃതി ഇവിടെ അസംഭൂതി എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മത്തെയല്ല പ്രകൃതിയാണ് ഭാഷ്യം അനുസരിച്ച് സംഭൂതി എന്ന് പറയുന്നത് കാര്യ അസംഭൂതി എന്ന് പറയുന്നത് പ്രകൃതിയുമാണ് എന്നാണ് പറയുന്നത് പ്രകൃതി അടുത്ത് പറയുന്നത് കാരണം സർവത്തിനും കാരണമായിരിക്കും ഈ സംഭൂതിക്കും കാരണമായിരിക്കുന്നു ഹിരണ്യഗർഭോൽപത്തിക്കും കാരണമായിരിക്കുന്നു മറ്റൊരു പേരാണ് വിദ്യ അതിനെ തന്നെ പറയുന്നു അവ്യാകൃതാഖ്യ അവ്യാകൃതം എന്നുപേരുള്ളതാണ് അതിനെ ശ്രുതിയിൽ എന്ന് പറയുന്നു അതിനെ തന്നെ വിശേഷിക്കുന്നു അസംഭൂതി അവ്യാകൃതാഖ്യാം പ്രകൃതി അഭ്യാകൃതം എന്നുപേരുള്ള പ്രകൃതിയെ കാരണം അത് സർവത്തിനും കാരണമാണ് അവിദ്യ കാമകർമ്മ ബീജഭൂതാണ് കാമകർമ്മങ്ങൾക്കെല്ലാം ബീജമായിരിക്കുന്നത് അതിൽ നിന്നാണ് സർവ്വകാമങ്ങളും സർവകർമ്മങ്ങളും ഉണ്ടാകുന്നത് അനാദിയായി ജീവന്മാർ അവരുടെ സംസ്കാരത്തെ സഞ്ചരിക്കുന്നത് ഇതിലാണ് അതുകൊണ്ട് തന്നെ അനാദിയായുള്ള കാമങ്ങളും കർമ്മങ്ങളും ഈ പ്രകൃതിയിലാണ് ലയിച്ചിരിക്കുന്നത് അദർശനാത്മിക അത് അദർശന രൂപത്തിലുള്ള ജ്ഞാനരൂപത്തിലുള്ളതാണ് അതിനെ ഉപാസതയെ അതിനാരാണ് ഉപാസിക്കുന്നത് കാരണം ഈ പ്രകൃതിയിൽ നിന്നാണ് സർവുണ്ടായി ഈ സൃഷ്ടി സർവ്വവും നാനാ രൂപത്തിലുള്ള വിചിത്രമായിട്ടുള്ള ഈ സൃഷ്ടിക്കു കാരണമായിരിക്കുന്നത് നിർഗുണബ്രഹ്മമല്ല പലശി പ്രകൃതിയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ജീവന്മാർ ഈ പ്രകൃതിയെ വളരെ ശ്രേഷ്ഠമായി കാറും കാരണം ഇത്രയും വിപുലമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണല്ലോ പ്രകൃതി അതുകൊണ്ട് ഈ പ്രകൃതിയെ ഉപാസിച്ചു പോവും പ്രകൃതിയാണ് ശ്രേഷ്ഠം എന്നുള്ള ഭാവത്തിൽ അതിനുപാസിക്കും അങ്ങനെ ഉപാസിക്കുന്നവരുണ്ടായിരുന്നു അങ്ങനെ ഉപാസിക്കുന്നവര് പിന്നീട് അപ്രകൃതിയിൽ ലയിക്കുന്നവർ പ്രകൃതി ലയന്മാർ എന്ന് പറയുന്നത് പുരാണങ്ങളിൽ പറയുന്നുണ്ട് പ്രകൃതി ലയന്മാരെ ആ പ്രകൃതി ഉപകാസിക്കുന്നതിന് കാരണം ഇതാണ് കാരണം ഈ സൃഷ്ടിക്കും മുഴുവൻ കാരണമായിരിക്കുന്ന പ്രകൃതിയാണ് അതുകൊണ്ട് ആ പ്രകൃതി ഉപകാസിക്കാവുന്ന വിചാരിക്കുന്നു പക്ഷെ ആ പ്രകൃതിയുടെ എല്ലാ സ്വരൂപവും അവർ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് അത് കാമകർമ്മങ്ങൾക്കെല്ലാം ബീജമാണ് അത് അകർശന ആഭരണ രൂപത്തിലുള്ളതാണ് അങ്ങനെയുള്ള ആ പ്രകൃതിയെ ഉപകാസിക്കുന്നു ഉപാസിച്ചാൽ അവരെന്ത് ചെയ്യുന്നു ആ പ്രകൃതിയുടെ സ്വരൂപമായ അന്ധകാരത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ അന്ധകാരത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി എന്തിനാതിന് ഉപാസിക്കുന്നത് പറയുന്ന അവിടെ അന്ധകാരത്തിൽ പ്രവേശിച്ചാൽ അവിടെ ദുഃഖാനുഭവം ഇല്ല സുഖാനുഭവം ഇല്ല വെറും ആഭരണമാണ് മയക്കുമരുന്ന് കഴിക്കുന്നത് മോഹത്തിൽ അവർ ആണ്ടുപോകുന്നു ഇന്ദ്രിയോപാസകന്മാര് മനസ്സിനുപാസകന്മാര് അതുപോലെ തന്നെ പ്രകൃതിയെ ഉപാസിക്കുന്നവർ ഇങ്ങനെയുള്ളവരെ കുറിച്ച് പുരാണങ്ങളിൽ പറയുന്നുണ്ട് ആ പ്രകൃതിയെ ഉപാസിക്കുന്നവർ ഒടുവിൽ പ്രകൃതി ലയന്മാരായി അനേകം മഞ്ഞോന്തരങ്ങൾ ആ പ്രകൃതിയിൽ തന്നെ ലയിച്ചു കിടക്കുന്നു അത് മോക്ഷമല്ല എന്നാണ് വീണ്ടും ജനിക്കേണ്ടി വരുന്നത് എന്നും മറ്റും പുരാണങ്ങളിലും വർണ്ണിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അതിനെയാണ് പറയുന്നത് കാമകർമ്മ ബീജഭൂതാണ് അദർശനാത്മിക ഉപാസദേ അവരതിനുപാസിക്കുന്നതുകൊണ്ട് തത് അനുരൂപമേവ അവരുടെ ഉപാസനയ്ക്ക് അനുരൂപമായ രീതിയിൽ തന്നെ അന്ധം തമഹ അദർശനാത്മകമായ ആ തമസ ഇരട്ടിലേക്ക് അവർ പ്രവേശിക്കുന്നു ആ പ്രകൃതി എന്ന് പറയുമ്പോഴും നമ്മൾ പൗരാണികമായി വരുന്ന ദേവി ഉപാസനയല്ല അവിടെ ദേവിയെ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന അദർശന കാമകർമ്മ ബീജ രൂപത്തിൽ ഉള്ള അജ്ഞാന രൂപത്തിലുള്ള പ്രകൃതിയല്ല ഇവിടെ ഉപാസിക്കുന്നു അവിടെ ദേവി ഉപാസിക്കുമ്പോ അവിടെ സച്ഛദാനന്ദ സ്വരൂപിണിയായിട്ടാണ് പരബ്രഹ്മത്തിന് തന്നെ ഉപാസിക്കുന്നതാണ് പറയുന്നത് അത് ദർശനത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തിന് തന്നെ ദേവി ഭാവത്തിൽ ഉപാസിക്കുന്നതാണ് അങ്ങനെയല്ല ഇവിടെ പറയുന്നത് ഇവിടെ കേവല പ്രകൃതി ഉപാസിക്കുന്നത് ജഡാത്മികയായിരിക്കുന്ന അന്ധകാരാത്മകമായിരിക്കുന്ന പ്രകൃതി കാമകർമ്മബീജ വൈദിക ഉപാസനയാണ് അങ്ങനെയുള്ള പ്രകൃതിയുടെ ഉപാസനയെ കുറിച്ച് പറയുക അങ്ങനെ ഉള്ള പ്രകൃതി ലയന്മാർ പ്രകൃതി ഉപാസിക്കുന്നവർക്ക് പ്രകൃതി ലയോ എന്ന് പറയുന്ന അവസ്ഥ വരുന്നു കഥ തസ്മാതപി ഭൂയവും ബഹുതരം അതിനേക്കാളും കഷ്ടമാണ് ി അന്ധകാരത്തിലേക്ക് പ്രവേശിക്കുന്നു അതിനും വലിയ തമസിൽ പ്രവേശിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയും ഹിരണിഗർഭ ഉപാസന പറഞ്ഞല്ലോ കർമ്മങ്ങളിൽ എങ്ങനെയാണോ സകാമനിഷ്കാമ ഭാവങ്ങളുള്ളത് അതുപോലെ തന്നെ ഉപാസനയിലുമുണ്ട് സകാമ നിഷ്കാമ ഉപാസന സകാമ ഉപാസനയുടെ ഫലം എന്ന് പറയുന്നത് അണിമാതി ഐശ്വര്യപ്രാപ്തി അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ആ ഹിരണികർഭന ഉപാസിക്കുന്നവർ അതിനും അന്ധകാരത്തിലേക്ക് പോകുന്നു പ്രകൃതിയെ ഉപാസിക്കുന്നവർ ആ പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്നേ ഉപാസനയുടെ ഫലം തീരുമ്പോൾ അവർക്ക് വീണ്ടും വരാം പക്ഷേ ഈ ഹിരണ്യഗർഭ ഉപാസന സകാമമായി അനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ടാകുന്നത് എന്താണ് അണിമാതി ഐശ്വര്യപ്രാപ്തികളാണ് അണിമാ മഹിമ എന്നൊക്കെ പറയുന്നത് ഈ ഐശ്വര്യപ്രാപ്തി എന്ന് പറയുന്ന അവനെ വലിയ അന്ധകാരത്തിലേക്ക് നയിക്കുന്നു എന്നാണ് സാധാരണ ശ്രേഷ്ഠമെന്ന് കരുതുന്ന ആ സദ്യവിശേഷങ്ങൾ ആ ജീവനെ അതിനും വലിയ അന്ധകാരത്തിലേക്കാണ് നയിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് രതാഹാതിൽ രമിക്കുന്നവർ ഐശ്വര്യപ്രാപ്തിക്ക് വേണ്ടി അങ്ങനെ ഉപാസിക്കുന്നവർ കാര്യഭ്രഹ്മത്ത് ഉപാസിക്കുന്നവർ അതിനുമല്ല അന്ധകാരത്തിലേക്ക് കാരണം അത് ബഹുതര ഫലങ്ങളെ ഉണ്ടാക്കുന്നു സ്വർഗനിരകാതി ഫലങ്ങളെ വീണ്ടും അത് ഉണ്ടാക്കുന്നു ആ അണിമാതി ഐശ്വര്യപ്രാപ്തി കൊണ്ടുവരുന്ന വീണ്ടും അവന് ജനിക്കും മരിക്കും ചെയ്യേണ്ടി വരുന്നു പ്രകൃതി ഉപാസികൻ അവന്റെ ഉപാസന ഫലമായിട്ട് പ്രകൃതിയിൽ ഫലം തീരുമ്പം വീണ്ടും ജീവനായി തിരിച്ചു വരാൻ അസിമി ഹിരണ്യഗർഭ ഉപാസകൻ സദാമമായി ഉപാസിക്കുന്നവൻ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി വാസിക്കുന്നവൻ എന്ത് ചെയ്യുന്നു ആ ഉപാസനയുടെ ഫലമായി കിട്ടുന്ന അണിമാതി ഐശ്വര്യങ്ങൾ പിന്നെ അതിന്റെ ഫലം അങ്ങനെ അനേക ജന്മങ്ങളിൽ വീണ്ടും സഞ്ചരിക്കേണ്ടി സിദ്ധികളെല്ലാം സമ്പാദിച്ചിട്ട് ആ സിദ്ധികളെല്ലാം വിനിയോഗിക്കുമ്പോൾ അതുകൊണ്ട് വീണ്ടും അത് ജന്മത്തിന് കാരണമായി തീരുന്നു അതിന് വീണ്ടും പറഞ്ഞു ചെയ്യൂ സംഭൂത്യാ കാര്യബ്രഹ്മണി ഹിരണ്യഗർഭിരഹിക്കുന്നവർ അതുകൊണ്ട് അതിനും അപകടം പിടിച്ചതാണ് അതുകൊണ്ട് ഇത് സകാമമായി വെവ്വേറെ ഇത്തരം ഉപാസനങ്ങൾ അനുഷ്ഠിക്കരുത് എന്നാണ് അടുത്ത് പറയുന്നത് സമുച്ചയമായിട്ട് അനുഷ്ഠിക്കണം ഇതിന്റെ രണ്ടിന്റെയും വെവ്വേറെ ഫലമുള്ളത് കൊണ്ട് തന്നെ ഇതിനെ അങ്ങനെ അനുഷ്ഠിക്കരുത് എന്നാണ് അടുത്തു പറയുന്നത് അതിന്റെ അർത്ഥം പറയാ മന്ത്രത്തിന്റെ ഈ ആരാണോ അസംഭൂതി പ്രകൃതിയെ ഉപാസതയെ ഉപാസിക്കുന്നത് അന്ധം തമ കൂരിട്ടിനെ പ്രവേശിക്കുന്നു പ്രാപിക്കുന്നു അജ്ഞാന പ്രകൃതി ലയത്തെ പ്രാപിക്കുന്നു ഉപാസിക്കുന്നത് അതിലും വലിയ അജ്ഞാനത്തെ പ്രവിശ്യന്തി പ്രാപിക്കുന്നു ഇതിനെ തന്നെ വേറെ രീതിയിലും പറയും വ്യക്തോപാസന അവ്യക്തോപാസന എന്നു പറയും കാര്യബ്രഹ്മത്തെ ഉപാസിക്കുന്നത് വ്യക്ത ഉപാസന പ്രകൃതി ഉപാസിക്കുന്നത് അപ്പൊ ഈ പ്രത്യേകമുള്ള ഉപാസനയിലൂടെ നിന്ദിക്കുന്നത് അടുത്ത് പറയുന്നു അഥന ഇപ്പോൾ ഉഭയോരുപാസനയോ ഈ രണ്ടുപാസനകളുടെയും സമുച്ഛയ കാരണം അവയവഫല ഭേദം ആഹാ സമുച്ചയത്തിന് കാരണമായിരിക്കുന്നത് അവയവഫല ഭേദമാണ് പ്രത്യേക ഫല അതിന്റെ ഭേദമാണ് വേറെ ആയിരിക്കുന്ന അവയവ ഫലം എന്ന് വെച്ചാൽ പ്രത്യേക ഫലം ഓരോന്നിന്റെയും ഫലം ഭിന്നമായിരിക്കുന്നോണ്ടാണ് അതുകൊണ്ട് തന്നെ സമുച്ചയിച്ച് അനുഷ്ഠിക്കാൻ പറയുന്നു പ്രകൃതി ഉപാസനയും കാര്യബ്രഹ്മപാസനയും വെവ്വേറെ ഫലമുള്ളതുകൊണ്ട് ഇതിനെ സമുച്ചയിച്ച് അനുഷ്ഠിക്കാൻ പറയുന്നു പതിമൂന്നാമത്തെ മന്ത്രം സംഭവാഹുരസംഭവാ ശുശ്രുമധീരാണേന വിചചക്ഷിരേ പദഛേദം അന്യത് ഭവാഹുഭുശ്രുധീരാം യേ ിരേ അന്യദാഹുരസംഭവാ ശുശ്രുമധീരാ ക്ഷേവ ഫലം സംഭവാഭൂതേ കാര്യബ്രഹ ഉപാസന അണിമാതി ഐശ്വര്യലക്ഷണം വ്യക്തവന്ത അന്യദേവ അതിന്റെ അർത്ഥം പറയുന്നു പൃഥക് ദേവ വേറെയാണ് ആഹോ പറയപ്പെട്ടിരിക്കുന്നു എന്താണ് ഫലം എന്തിന്റെ ഫലം സംഭവാദ് അതിന്റെ അർത്ഥം പറയുന്നു പറഞ്ഞത് സംഭൂതി എന്നാണ് ഉപാസന കാര്യബ്രഹ്മസന എന്താണ് അതിന്റെ ഫലം അണിമാതി ഐശ്വര്യ ലക്ഷണം അണിമാതി ഐശ്വര്യപ്രാപ്തി അതിന്റെ ഫലമാണ് വ്യാഖ്യാത ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അന്യത് ആഹു അസംഭവാദ് അർത്ഥം പറയുന്നു അസംഭൂഹി അത് തന്നെ വ്യാഖ്യാനിക്കുന്നു അവശദീകരിക്കുന്നു അവപാസന അവ്യാകൃത ഉപാസന കൊണ്ട് ഫലം ഏറെയാണ് യതം അതിനെ പറഞ്ഞു എന്താണ് അന്ധം തമഹപ്രവിശ്യന്തീതി ഉപാസനയുടെ ഫലമാണ് പ്രകൃതി ലയണികം എന്നാണ് പൗരാണികന്മാർ പറയുന്നത് പ്രകൃതി ലയം ഇത്യവം ശുശ്രുമാ ധീരാണു ധീമാന്മാരുടെ ബുദ്ധിമാന്മാരുടെ വചനം ഞങ്ങൾ കേട്ടിട്ടുണ്ട് വചനം ക്ഷിരേ ഞങ്ങൾക്കത് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട് ചില മന്ത്രങ്ങളിത്യർത്ഥ വ്യാകൃത ഉപാസനയുടെയും അവസനയുടെയും ഫലം ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട് വ്യാകൃത ഉപാസന അതായത് ഹിരണ്യഗർഭ ഉപാസന അതിന്റെ ഫലം അണിമാതി ഐശ്വര്യപ്രാപ്തിയാണ് അവ്യാകൃത ഉപാസന അല്ലെങ്കിൽ പ്രകൃതി ഉപാസന അതിന്റെ ഫലം പ്രകൃതി ലയമാണ് എന്ന് ആചാര്യന്മാർ വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട് എന്നാണ് ഈ മന്ത്രത്തിന്റെ താല്പര്യം മുമ്പ് പറഞ്ഞുതന്നെയാണ് അതിന്റെ പദത്തിന്റെ അർത്ഥം പറയാം സംഭവാതി ഉപാസന കാര്യബ്രഹ്മോപാസന കൊണ്ട് അല്ലെങ്കിൽ വ്യക്ത ഉപാസന ഉണ്ട് ഹിരണ്യഗർഭ ഉപാസനുണ്ട് വേറെയാണ് എന്ത് ഫലം അന്യത് ഫലം അന്യത് ഫലം തന്നെയാണ് പറയുന്നത് അതായത് അണിമാതി ഐശ്വര്യപ്രാപ്തിയാകുന്ന ഫലമാണ് പറയുന്നത് അസംഭവാ പ്രകൃതിവാസന കൊണ്ട് അന്യ ഫലം ആഹു പ്രകൃതി ലയം എന്ന് പറയുന്ന ഫലത്തെയാണ് പറയുന്നത് രീതി എന്നിങ്ങനെ ഈ ധീരാണ ധീരന്മാരായ ആചാര്യന്മാരുടെ ബുദ്ധിമാന്മാരായ പൂർവാചാര്യന്മാരുടെ വചനം ണോ ഞങ്ങൾക്ക് തത് ആ വചനം വിജിരേ വ്യാഖ്യാനിച്ച് തന്നത് അത് ശുശ്രുമാ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പഴയതുപോലെ ഇത് ശുശ്രുമ ധീരാണാം ഏനസ്ഥ വിജറ്റക്ഷിരേ എന്ന് പത്താമത്തെ മന്ത്രം പോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ രണ്ടിന്റെയും പ്രത്യേക ഫലത്തെ പറയുന്നു അതുകൊണ്ട് ഇത് സമുച്ചയിച്ച് അനുഷ്ഠിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞ രണ്ടുപാസനകൾ അപ്പോൾ വിദ്യയും നേരത്തെ പറഞ്ഞത് ഉപാസനയും കർമ്മവുമാണ് രണ്ട് നമ്മളുടെ വ്യത്യാസ മനസ്സിലാണ് നേരത്തെ ഉപാസനയും കർമ്മവും പറഞ്ഞു ഇവിടെ പറയുന്ന രണ്ട് ഉപാസനകളാണ് നേരത്തെ പറഞ്ഞു വൈദിക കർമ്മങ്ങളും ദേവത ഉപാസനയും സമുച്ചയം അനുഷ്ഠിക്കാൻ പറയും ഇവിടെ പറയുന്ന രണ്ട് ഉപാസനകൾ പ്രകൃതി ഉപാസനയും കാര്യബ്രഹ്മ ഉപാസനയും സമുച്ചയം അനുഷ്ഠിക്കാൻ പറയും ഇതിനും പ്രത്യേകതയുണ്ട് അങ്ങനെ പറയുന്നതിന്റെ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും